യൂണിറ്റ് എന്തു പറയാനാ ഒരു ജോലിയായില്ല ഇന്ന് എന്തോ രാവിലെ മുതൽ ശകുനപ്പിഴ അത് രാവിലെ തന്നെ ഞങ്ങളുടെ കിണറ്റിലെ കയർ ആരും അറത്തും പുതിയ കയറായിരുന്നു അത് മാറ്റും കപ്പിയും കിണറ്റിൽ വീണു ഇനി എന്തോ ചെയ്യാന് കുഞ്ഞുങ്ങളുടെ അച്ഛനും ഇവിടെ ഇല്ല അതുകൊണ്ട് വേറെ കയറും കപ്പിയും ഒന്നും വാങ്ങാനും പറ്റിയില്ല അപ്പുറത്തെ സുമതിയുടെ വീട്ടിലെ കിണറ്റീന്ന് തന്നെ വെള്ളം കോരണമായിരുന്നു ഞാൻ തന്നെ കൊണ്ടുവന്നു അതുകൊണ്ട് ഇന്നത്തെ വെയ്പ്പും ഊണും ഒക്കെ വളരെ താമസിക്കും അപ്പോ ചോറും കറിയും ഒന്നും വെച്ചില്ലേ മണി രണ്ടേ കഴിഞ്ഞല്ലോ ചോറ് വെച്ചു മീനും പൊരിച്ചു പക്ഷെ എന്റെ മൂത്ത മോന് മീൻ ഇഷ്ടമല്ല അവൻ ഇറച്ചിക്കറി തന്നെ വേണം മറ്റുള്ളവർക്ക് ഇറച്ചിക്കറി വേണ്ട അതും വറക്കണം അങ്ങനെ ഇവിടുത്തെ വെയ്പ്പ് പണി കുറച്ച് പ്രയാസം തന്നെ എനിക്ക് ഇങ്ങനെ എല്ലാവരുടെയും താളത്തിന് തുള്ളാൻ പറ്റൂ എന്റെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അന്നമ്മയോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്തൊരു മറവിയാണ് എനിക്ക് എന്നോട് ലോഹമൊക്കെ എന്തിനാ അതൊക്കെ ശരി തന്നെ പക്ഷെ ഒന്നിരിക്കണം എന്നിട്ട് വർത്തമാനം പറയാം അന്നമ്മയുടെ കയ്യിലെന്താ ഒരു പോതി ഇതോ ഇതൊരു പീസ് ചീട്ടിത്തുണിയാ ആ തയ്യൽക്കാരൻ അന്തോണിയെ കൊണ്ട് ഒരടുപ്പ് തയ്പ്പിക്കാനാണ് എന്റെ മോന്റെ മോൾക്ക് വേണ്ടിയാ അയാൾ ഒരു നല്ല തയ്യൽക്കാരനാണ് ഞങ്ങളുടെ ലതയ്ക്ക് ഇന്നലെ അയാളെ കൊണ്ടൊരു ഫ്രോക്ക് തയ്പ്പിച്ചു അതിരിക്കട്ടെ എനിക്കൊരു വിശേഷം പറയാനുണ്ട് എന്താണത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ആട് പെറ്റു മൂന്ന് കുട്ടികൾ അങ്ങനെയാണോ അത് അപ്പോ പാല് കൂടുതൽ കിട്ടുമല്ലോ ഇനി തൊട്ട് ദിവസവും ഞങ്ങൾക്ക് രണ്ട് ലിറ്റർ പാൽ കൂടെ കിട്ടും ആ പാലൊക്കെ വിൽക്കാനാണ് തീരുമാനം ഇവിടെ നിങ്ങൾക്ക് ആട്ടിൻപാൽ വേണോ ആട്ടിൻപാൽ എരുമപ്പാൽ ഇവിടെ ആരും ഉപയോഗിക്കില്ല അന്നമ്മ അന്നമ്മ കോഴിമുട്ടയും പശുവിൻപാൽ ഒന്നും വിൽക്കുന്നില്ലേ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു പശുവും കോഴിയുമൊക്കെ രണ്ടു മാസം മുമ്പേ പശുവിന്റെ കറവ് പറ്റി അതിനെ പിന്നെ അങ്ങ് വിറ്റു കോഴിയൊക്കെ ചത്തു എല്ലാത്തിനും ഒരുമിച്ച് എന്തോ ഒരു സുഖക്കേട് വന്നു ഇപ്പോ മൂന്നും എരിമേം രണ്ടു മൂന്നു ആടും കുറെ താറാവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കച്ചവടം ഒന്നും അത്ര കേല്ല ലാഭമൊക്കെ പക്ഷേ വലിയ നഷ്ടവുമില്ല ഒരുവിധം അങ്ങനെ കഴിയുന്നു എങ്ങനെയും ജീവിക്കണമല്ലോ ഭാർഗവ്യമ്മേ എന്താ ഭാർഗവ്യമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം ഭാർഗവ്യമ്മേ എന്താ ഭാർഗവ്യമ്മേ എന്തൊക്കെയുണ്ട് വിശേഷം ജോലിയൊക്കെ തീർന്നോ ജോലിയൊക്കെ തീർന്നോ എന്തു പറയാന് എന്തു പറയാന് ഒരു ജോലിയും ആയില്ല ഒരു ജോലിയും ആയില്ല ഇന്നെന്തോ രാവിലെ ഇന്നെന്തോ രാവിലെ മുതൽ ഒരു ശകുനപ്പിഴ അതിരാവിലെ തന്നെ ഞങ്ങളുടെ കിണറ്റിലെ കയർ ആരോ അറുത്തു അതിരാവിലെ തന്നെ ഞങ്ങളുടെ കിണറ്റിലെ കയർ ആരോ അറുത്തു പുതിയ കയറായിരുന്നു പുതിയ കയറായിരുന്നു അതും അറ്റു അതും അറ്റു കപ്പിയും കിണറ്റിൽ വീണു കപ്പിയും കിണറ്റിൽ വീണു ഇനി എന്തോ ചെയ്യാനാ ഇനി എന്തോ ചെയ്യാനാ കുഞ്ഞുങ്ങളുടെ അച്ഛനും ഇവിടെ ഇല്ല കുഞ്ഞുങ്ങളുടെ അച്ഛനും ഇവിടെ ഇല്ല അതുകൊണ്ട് വേറെ കയറും കപ്പിയും വാങ്ങാനും പറ്റിയില്ല അതുകൊണ്ട് വേറെ കയറും കപ്പിയും വാങ്ങാനും പറ്റിയില്ല അപ്പുറത്തെ സുമതിയുടെ വീട്ടിലെ കിണറ്റിന്ന് തന്നെ വെള്ളം കോരണമായിരുന്നു അപ്പുറത്തെ സുമതിയുടെ വീട്ടിലെ കിണറ്റിന്ന് തന്നെ വെള്ളം കോരണമായിരുന്നു ഞാൻ തന്നെ കൊണ്ടുവന്നു ഞാൻ തന്നെ കൊണ്ടുവന്നു അതുകൊണ്ട് ഇന്നത്തെ വയ്പും ഊണുമൊക്കെ വളരെ താമസിക്കും അതുകൊണ്ട് ഇന്നത്തെ വയ്പും ഊണുമൊക്കെ വളരെ താമസിക്കും അപ്പോ ചോറും കറിയും ഒന്നും വെച്ചില്ലേ അപ്പോ ചോറും കറിയും ഒന്നും വെച്ചില്ലേ മണി രണ്ടര കഴിഞ്ഞല്ലോ മണി രണ്ടര കഴിഞ്ഞല്ലോ ചോറ് വെച്ചു ചോറ് വെച്ചു മീനും പൊരിച്ചു മീനും പൊരിച്ചു പക്ഷേ എന്റെ മൂത്ത മോന് മീൻ ഇഷ്ടമല്ല പക്ഷേ എന്റെ മൂത്ത മോന് മീൻ ഇഷ്ടമല്ല അവൻ ഇറച്ചിക്കറി തന്നെ വേണം അവൻ ഇറച്ചിക്കറി തന്നെ വേണം മറ്റുള്ളവർക്ക് ഇറച്ചിക്കറി വേണ്ട മറ്റുള്ളവർക്ക് ഇറച്ചിക്കറി വേണ്ട അതും വറക്കണം അതും വറക്കണം അങ്ങനെ ഇവിടത്തെ വൈപ്പ് പണി കുറച്ച് പ്രയാസം തന്നെ അങ്ങനെ ഇവിടുത്തെ വൈപ്പ് പണി കുറച്ച് പ്രയാസം തന്നെ എനിക്ക് ഇങ്ങനെ എല്ലാവരുടെയും താളത്തിന് തുള്ളാൻ പറ്റൂ എനിക്ക് ഇങ്ങനെ എല്ലാവരുടെയും താളത്തിന് തുള്ളാൻ പറ്റൂ എന്റെ കാര്യമൊക്കെ പറഞ്ഞു എന്റെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അന്നമ്മയോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ പക്ഷേ ഞാൻ അന്നമ്മയോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ എന്തൊരു മറവിയാണെനിക്ക് എന്തൊരു മറവിയാണെനിക്ക് എന്നോടീ ലോഹ്യമൊക്കെ എന്തിനാ എന്നോടെ ഈ ലോഹ്യമൊക്കെ എന്തിനാ അതൊക്കെ ശരി അതൊക്കെ ശരി തന്നെ പക്ഷെ ഒന്നിരിക്കണം പക്ഷേ ഒന്നിരിക്കണം എന്നിട്ട് വർത്തമാനം പറയാ എന്നിട്ട് വർത്തമാനം പറയാം അന്നമ്മയുടെ കൈയിലെന്താ ഒരു പൊതി അന്നമ്മയുടെ കയ്യിൽ ഒരു പൊതി ഇതോ ഇതൊരു പീസ് ചീട്ടി ഇതോ ഇതൊരു പീസ് ചീട്ടി തുണിയാ ആ തയ്യൽക്കാരൻ അന്തോണിയെ കൊണ്ട് ഒരടുപ്പ് തയ്പ്പിക്കാനാണ് ആ തയ്യൽക്കാരൻ അന്തോണിയെ കൊണ്ട് ഒരടുപ്പ് തയ്പ്പിക്കാനാണ് എന്റെ മോൻറെ മോൾക്ക് വേണ്ടിയാ എന്റെ മോന്റെ അയാൾ ഒരു നല്ല തയ്യൽക്കാരനാണ് അയാൾ ഒരു നല്ല തയ്യൽക്കാരനാണ് ഞങ്ങളുടെ ലതയ്ക്ക് ഇന്നലെ അയാളെ ഞങ്ങളുടെ ലതയ്ക്ക് ഇന്നലെ അയാളെ കൊണ്ട് ഒരു ഫ്രോക്ക് തയ്പ്പിച്ചു ഒരു ഫ്രോക്ക് തയ്പ്പിച്ചു അതിരിക്കട്ടെ എനിക്കൊരു വിശേഷം പറയാനുണ്ട് അതിരിക്കട്ടെ എനിക്കൊരു വിശേഷം പറയാനുണ്ട് എന്താണത് എന്താണത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ആടു പെറ്റു മൂന്ന് കുട്ടികൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ആട് പെറ്റോ മൂന്ന് കുട്ടികൾ അങ്ങനെയാണോ അതുകൊള്ളാം അങ്ങനെയാണോ അത് കൊള്ളാം അപ്പോ പാല് കൂടുതൽ കിട്ടുമല്ലോ അപ്പോ പാല് കൂടുതൽ കിട്ടുമല്ലോ ഇനി തൊട്ട് ദിവസം ഞങ്ങൾക്ക് രണ്ട് ലിറ്റർ പാലുകൂടെ കിട്ടും ഇനി തൊട്ട് ദിവസം ഞങ്ങൾക്ക് രണ്ട് ലിറ്റർ പാലുകൂടെ കിട്ടും ആ പാലൊക്കെ വിൽക്കാനാണ് തീരുമാനം ആ പാലൊക്കെ വിൽക്കാനാണ് തീരുമാനം ഇവിടെ നിങ്ങൾക്ക് ആട്ടിൻപാൽ വേണോ ഇവിടെ നിങ്ങൾക്ക് ആട്ടിൻപാൽ വേണോ ആട്ടിൻപാൽ എരുമപ്പാൽ ഇവിടെ ആരു ഉപയോഗിക്കില്ലെന്നേ ആട്ടിൻപാൽ എരുമപ്പാൽ ഇവിടെ ആരും ഉപയോഗിക്കില്ല അന്നമ്മ അന്നമ്മ ഇപ്പോൾ കോഴിമുട്ടയും പശുവിൻപാലും ഒന്നും വിൽക്കുന്നില്ലേ അന്നമ്മ ഇപ്പോൾ കോഴിമുട്ടയും പശുവിൻപാലും ഒന്നും വിൽക്കുന്നില്ലേ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു പശുവും കോഴിയുമൊക്കെ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നു പശുവും കോഴിയുമൊക്കെ രണ്ടു മാസം മുമ്പേ പശുവിന്റെ കറവ വറ്റി രണ്ടു മാസം മുമ്പേ പശുവിന്റെ കറവ വറ്റി അതിനെ പിന്നെ അങ്ങ് വിറ്റു അതിനെ പിന്നെ അങ്ങ് വിറ്റു കോഴിയൊക്കെ ചത്തു കോഴിയൊക്കെ ചത്തു എല്ലാത്തിനും ഒരുമിച്ച് എന്തോ ഒരു സുഖക്കേട് വന്നു എല്ലാത്തിനും ഒരുമിച്ച് എന്തോ ഒരു സുഖക്കേട് വന്നു ഇപ്പം മൂന്ന് എരിമേം രണ്ടു മൂന്നാടും കുറെ താറാവും മാത്രമേ ഉള്ളൂ ഇപ്പം മൂന്ന് എരിമേം രണ്ടു മൂന്നാടും കുറെ താറാവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കച്ചവടം ഒന്നും അത്ര അതുകൊണ്ട് കച്ചവടം ഒന്നും അത്ര കേമമല്ല ലാഭമൊക്കെ കുറവു തന്നെ ലാഭമൊക്കെ കുറവു തന്നെ പക്ഷേ വലിയ നഷ്ടവുമില്ല പക്ഷേ വലിയ നഷ്ടവുമില്ല ഒരുവിധം അങ്ങനെ കഴിയുന്നു ഒരുവിധം അങ്ങനെ കഴിയുന്നു എങ്ങനെയും ജീവിക്കണമല്ലോ എങ്ങനെയും ജീവിക്കണമല്ലോ ിൽപറ്റേഷൻ ഡ്രിൽപെറുന്നു ആട് പെറ്റു അുന്നു അരിവേവും അരിവെന്തു കുഞ്ഞു വീഴുന്നു കുഞ്ഞു വീഴുന്നു കുഞ്ഞു വീഴും കുഞ്ഞു വീഴും കുഞ്ഞു വീണു കുഞ്ഞു വീണു ും കാര്യങ്ങൾ മറക്കും കാര്യങ്ങൾ മറന്നു കാര്യങ്ങൾ മറന്നു ജോലി ചെയ്യുന്നു ജോലി ചെയ്യുന്നു ജോലി ചെയ്യും ചെയ്യും ജോലി ചെയ്തു ജോലി ചെയ്തു വീട് വിടുന്നു വീട് വിടുന്നു വീട് വിട്ടു വീട് വിട്ടു വിടും വീട് വിടും സമ്മാനം കൊടുക്കുന്നു സമ്മാനം കൊടുക്കുന്നു സമ്മാനം കൊടുക്കും സമ്മാനം കൊടുക്കും സമ്മാനം കൊടുത്തു സമ്മാനം കൊടുത്തു പലഹാരം തിന്നുന്നു തിന്നുന്നു പലഹാരം തിന്നും പലഹാരം തിന്നും പലഹാരം തിന്നു ം തിന്നു കുട്ടി കരയുന്നു കുട്ടി കരയുന്നു കുട്ടി കരയും കുട്ടി കരയും കുട്ടി കരഞ്ഞു കുട്ടി കരഞ്ഞു പാഠം പഠിക്കുന്നു പാഠം പഠിക്കുന്നു പാഠം പഠിക്കും ും പാഠം പഠിച്ചു പാഠം പഠിച്ചു ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ ഉറങ്ങും ും ഉറങ്ങി ഞാൻ ഉറങ്ങി ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ വൺ പാത്തുമ്മയുടെ ആട് പെറ്റു പാത്തുമ്മയുടെ ആട് പെറ്റില്ല ആ പശുവിനേം ഞങ്ങൾ വിറ്റു ആ പശുവിനേം ഞങ്ങൾ വിറ്റില്ല എന്റെ എല്ലാ ജോലിയും തീർന്നു എന്റെ എല്ലാ ജോലിയും തീർന്നില്ല ഞാൻ എല്ലാ ജോലിയും തീർത്തു ഞാൻ എല്ലാ ജോലിയും തീർത്തില്ല കുട്ടി ഉറക്കെ കരഞ്ഞു കുട്ടി ഉറക്കെ കരഞ്ഞില്ല കുട്ടിയെ അവർ കരയിച്ചു കുട്ടിയെ അവർ കരയിച്ചില്ല എല്ലാവരും ആ ജോലി ചെയ്തു എല്ലാവരും ആ ജോലി ചെയ്തില്ല ആ പലഹാരം ആര് തിന്നു ആ പലഹാരം ആര് തിന്നില്ല ആ ഗ്രാമം മുഴുവൻ വെന്തു ആ ഗ്രാമം മുഴുവൻ വെന്തില്ല ആര് വീണില്ല ആ കഥ ഞങ്ങൾ കേട്ടു ആ കഥ ഞങ്ങൾ കേട്ടില്ല മുറി നന്നായി മുറി നന്നായി കഴുകിയില്ല മോഡൽ ടു രാധ വെള്ളം കോരി രാധ വെള്ളം കോരിയോ നൗ ഫോളോ ദോഡൽ അമ്മ കഥ പറഞ്ഞു അമ്മ കഥ പറഞ്ഞോ അവൻ എല്ലാവരെയും വിട്ടു അവൻ എല്ലാവരെയും വിട്ടോ കപ്പിയും കയറും വെള്ളത്തിൽ വീണു കപ്പിയും കയറും വെള്ളത്തിൽ വീണോ അമ്മ വെള്ളം കോരി അമ്മ വെള്ളം കോരിയോ അഹമ്മദ് ജോലി ചെയ്തോ മോഡൽ ത്രീ വളരെ പേർ വന്നില്ല വളരെ പേർ വന്നില്ലേ നൗ ഫോളോ ദോഡൽ അക്രമി കുട്ടികൾ കയർ അറത്തു അക്രമി കുട്ടികൾ കയർ അറത്തില്ലേ കാപ്പിയൊക്കെ അപ്പോഴേ കുടിച്ചില്ലേ ജോൺ പരീക്ഷയിൽ തോറ്റു അവന്റെ ഇടത്തെ കൈ മാത്രം മാത്രം വെന്തില്ലേ ബസ് അവിടെ നിന്നു വിടെ നിന്നില്ലേ സബ്സ്റ്റിറ്റ്യൂഷൻഡ്രിൽ അമ്മ ഇറച്ചി വറുത്തു അമ്മ മീൻ വറുത്തു വെണ്ടയ്ക്ക അമ്മ വെണ്ടയ്ക്ക വറുത്തു കത്തിരിക്ക കത്തിരിക്ക വറുത്തു അമ്മ വാഴയ്ക്ക വറുത്തു അന്നമ്മ ആ പശുവിനെ വിറ്റു ആട്ടിനെ അന്നമ്മ ആ ആട്ടിനെ വിറ്റു അന്നമയെ വിറ്റു കോഴിയെ അന്നമ്മ ആ കോഴിയെ വിറ്റു താറാവിനെ അന്നമ്മ ആ താറാവിനെ വിറ്റു കുഞ്ഞുരാമൻ മലക്കറി വിറ്റു വീട് കുഞ്ഞുരാമൻ വീട് വിറ്റു കസേര കുഞ്ഞുരാമൻ കസേര വിറ്റു മേശ കുഞ്ഞുരാമൻ മേശ വിറ്റു കട കുഞ്ഞുരാമൻ കട വിറ്റു നിങ്ങൾ ആരോട് സംസാരിച്ചു അപേക്ഷിച്ചു നിങ്ങൾ ആരോട് അപേക്ഷിച്ചു പിണങ്ങി നിങ്ങൾ ആരോട് പിണങ്ങി പറഞ്ഞു നിങ്ങൾ ആരോട് പറഞ്ഞു ചോദിച്ചു നിങ്ങൾ ആരോട് ചോദിച്ചു ശാരദ മാർക്കറ്റിൽ നിന്ന് വന്നു പോയി ശാരദ മാർക്കറ്റിൽ നിന്ന് പോയി ഇറങ്ങി ശാരദ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ചു ശാരദ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങി ശാരദ മാർക്കറ്റിൽ നിന്ന് വാങ്ങി നീ ആർക്ക് അത് കൊടുത്തു വാങ്ങി നീ ആർക്കത് വാങ്ങി അയച്ചു നീ ആർക്കത് അയച്ചു നീ ആർക്കത് എഴുതി വിറ്റു നീ ആർക്കത് വിറ്റു അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം സംസാരിക്കണം അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം നിൽക്കണം അച്ഛനമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കണം കൊച്ചു കുഞ്ഞിനെ പോലെ നീ വാശി പിടിക്കരുത് കരയരുത് കൊച്ചു കുഞ്ഞിനെ പോലെ നീ കരയരുത് നിർബന്ധിക്കരുത് കൊച്ചു കുഞ്ഞിനെ പോലെ നീ നിർബന്ധിക്കരുത് പറയരുത് കൊച്ചുകുഞ്ഞിനെ പോലെ നീ പറയരുത് അവളെ പറ്റി നീയും കേട്ടോ അറിഞ്ഞോ അവളെ പറ്റി നീയും അറിഞ്ഞോ പറഞ്ഞോ അവളെ പറ്റി നീയും പറഞ്ഞോ എഴുതിയോ അവളെ നീയും എഴുതിയോ ആ വീട്ടിൽ ആര് താമസിക്കുന്നു വരുന്നു ആ വീട്ടിൽ ആര് വരുന്നു പോകുന്നു ആ വീട്ടിൽ ആര് പോകുന്നു ജീവിക്കുന്നു ആ വീട്ടിൽ ആര് ജീവിക്കുന്നു റെസ്പോൺസ് ഡ്രിൽ ഞങ്ങളുടെ ആട് പെറ്റു അങ്ങനെയാണോ അത് കൊള്ളാം അപ്പോൾ പാൽ ഇനി കൂടുതൽ കിട്ടുമല്ലോ നൗ ഫോളോ ദോഡൽ ഞാൻ എല്ലാ പാഠവും പഠിച്ചു ഇന്നലെ എന്റെ അച്ഛൻ വന്നു ഞാൻ പാത്രങ്ങളൊക്കെ പൊട്ടിച്ചു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പരീക്ഷ ജയിച്ചു